പറയുക നിങ്ങൾ അള്ളാഹു സുബാനഹൂവറ്റ ആലായി അനുസരിക്കുക റസൂലിനെയും അനുസരിക്കുക എന്നാൽ നിങ്ങൾ പിന്തിരിഞ്ഞു പോയാൽ അദ്ദേഹത്തിന് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിനും നിങ്ങൾക്കേൽപ്പിക്കപ്പെട്ടത് നിങ്ങൾക്കും മാത്രമാണ് നിങ്ങൾ അദ്ദേഹത്തെ അനുസരിച്ചാൽ നിങ്ങൾ നേർവഴിയിലാകും വ്യക്തമായ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നതല്ലാതെ റസൂലിനു മറ്റു ഉത്തരവാദിത്തമില്ല